പദങ്ങൾ സത്യം ജ്ഞാനം അനന്ത എന്നുള്ളതിനെ ലക്ഷണമായിട്ട് എടുക്കാം രണ്ടിനെ കുറിച്ച് കൂടെ ചർച്ച ചെയ്യുന്നു ഇവിടെ വിശേഷണമാണ് ബ്രഹ്മം എന്ന് പറയുന്നതിന് ഇതുമൂന്നും വിശേഷണമാണെങ്കിലും അതേസമയം ഇത് ലക്ഷണവുമാണ് വിശേഷണത്തെക്കാൾ ഉപരി ലക്ഷണം എന്നുള്ള ാണ് അതിന് പ്രാധാന്യം രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം വിശേഷണം എന്ന് പറയുന്നത് ലക്ഷണം എന്ന് പറയുന്നത് അതാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ രണ്ടു തരത്തിലായാലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു ഒരർത്ഥത്തെക്കുറിച്ച് എന്താണ് ബൃഹത്തായത് മഹത്തായത് മഹത്വമായിരിക്കുന്ന എന്താണ് ബൃഹത്വ മഹത്വം എന്ന് പറയുമ്പോ ഒരു സാമാന്യ ജ്ഞാനമേ ആകുന്നുള്ളൂ അത് വിശേഷിച്ച് എന്താണെന്നറിയണം അതിന്റെ അപരോക്ഷമായ ജ്ഞാനം കാണുന്നു ഒരു വസ്തുവിനെ ബൃഹത്വ മഹത്വം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊരു അറിവുണ്ടാവുന്നു പക്ഷെ അത് കേവലം പരോക്ഷം അതിന് പറഞ്ഞു അനന്യമായി പ്രത്യേക രൂപത്തിൽ അറിയണം ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ അറിയുമ്പോൾ തന്നെ ഇന്ന് ഒരു ജീവനുള്ള അറിവ് ജീവനുള്ള അറിവ് ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവാണ് ഇനി ഒരു അറിവ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു എന്നുവന്നല്ല പ്രയോജനമൊന്നുമില്ല ലോകത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു മനസ്സ് സദാ ജ്ഞാനഗ്രഹണത്തിലാണ് എപ്പോഴും മനസ്സിൽ അറിവുണ്ടായിക്കൊണ്ടേ ഞാനാ വിഷയങ്ങളെ കുറിച്ച് അറിയുന്നു അറിയുന്നതിൽ തന്നെ ബൃഹത്ത് മഹത്തായ പ്രതിനി അറിയുന്നു അപ്പൊ അതുപോലെ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടെന്താ ബ്രഹ്മത്തിന്റെ കുറിച്ചുള്ള അറിവ് അത് സംസാര നിവൃത്തിക്ക് കാരണമാണ് സംസാര നിവൃത്തിക്ക് കാരണമാണെങ്കിൽ അത് മറ്ററിവുകളെ പോലെ ആയിരിക്കാൻ പാടില്ല മറ്റെല്ലാ അറിവുകളും സംസാരപ്രാപ്തിക്ക് എന്നാ സംസാരത്തെ നിലനിർത്തുന്നു ഇവിടെ ബ്രഹ്മത്തെ കുറിച്ചുള്ള അത് സംസാര കാരണമാണ് അപ്പൊ ആ സംസാര നിവൃത്തിക്ക് കാരണമായിരിക്കുന്നത് എങ്ങനെയുള്ള അറിവ് ആ അറിവിന്റെ പ്രത്യേകത എന്താണ് അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത് സത്യം ജ്ഞാനം അനന്തം എന്നറിയണം പറഞ്ഞത് സത്യം എന്ന് പറയുമ്പോൾ അനുദത്തിൽ നിന്ന് വേട് എല്ലാ അറിവും അനർദമാണ് റിയാം എല്ലാ അറിവുകളും ഒന്നും അറിവുകളെല്ലാം മാറിപ്പോകുന്നതാണ് മറ്റൊന്നും അറിയുന്നതെല്ലാം അനർഥ വിഷയങ്ങളാണ് അങ്ങനെ വരാൻ പാടില്ല സത്യം എന്ന് പറയുന്നത് കൊണ്ട് അനുദത്തിൽ നിന്ന് ഭിന്നമായത് അത് ഇത് ഇന്നത് എന്നറിയാൻ അതുകൊണ്ടാണ് അങ്ങനെ അനുദത്തിൽ നിന്ന് ഭിന്നമായെന്ന് പറയുന്നത് അതുപോലെ ജ്ഞാനം ഇവിടെ അറിയപ്പെടുന്നതെല്ലാം ജഡമാണ് ജഡത്തിൽ നിന്ന് ഭിന്നമായി അതിനെ അറിയണം അതുപോലെ അനന്തം അറിയുന്നതെല്ലാം പരിച്ഛിന്നമാണ് എന്തിന് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ് പോലും പരിച്ഛിന്നമായിട്ടാണ് അനുഭവപ്പെടുന്നത് എനിക്കറിവുണ്ടായി നശിച്ചു പിന്നെ അറിവിനെപ്പോലും പരിച്ഛിന്നമായിരുന്നു അറിയുന്ന വിഷയങ്ങളും പരിച്ഛന്നും കാലദേശങ്ങളുൾപ്പെടെയുള്ള സർവ പ്രപഞ്ചത്തിൽ വ്യാപകവും മഹത്വമായിരിക്കുന്ന സർവവും പരിച്ഛന്നമാണ് ബ്രഹ്മം ബൃഹത്താണ് മഹത്താണെന്ന് പറഞ്ഞാലും ബൃഹത്തും മഹത്വമായിരിക്കുന്നു ആകാശം കാലം പോലെ ഇതും പരിച്ഛനമായല്ല ങ്ങനെ പരിച്ഛിന്നമാകാൻ പാടില്ല അത് അനന്തമാണോ ഈ തരത്തിൽ അനുദത്തിൽ നിന്ന് വേർതിരിക്കുന്നതിന് സത്യം ദൃഢത്തിൽ നിന്ന് വേർതിരിക്കുന്നതിന് ജ്ഞാനം പരിച്ഛിന്നമായി നിന്നുള്ളതിനെ വേറിതിരിക്കുന്നതിന് അനന്തം എന്നിങ്ങനെ മൂന്ന് ശബ്ദങ്ങൾ ഉപയോഗിച്ചു അത് വിശേഷണരൂപത്തിലും ലക്ഷണരൂപത്തിലും എങ്ങനെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു ബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഏതെങ്ങനെ ബോധിപ്പിക്കുന്നു അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇവിടെ ആദ്യം വിശേഷണം എന്നുള്ള പക്ഷത്തെ കൂടെ ചിന്തിക്കുകയാണ് പറഞ്ഞു അത് സത്യം ജ്ഞാനം ആനന്ദ സമാനാധികരണമാണ് മൂന്ന് ശബ്ദത്തിനും മൂന്നർത്ഥം സത്യം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ജ്ഞാനം വേറെ അടത്തും അനന്തം പക്ഷേ ഈ മൂന്നർത്ഥവും ഒന്നിനെ തന്നെ ബോധിപ്പിക്കുന്നു ഒന്നിന്റെ തന്നെ പര്യായ പദങ്ങൾ പോലെയുള്ള ഏകാർത്ഥത്തെ ബോധിപ്പിക്കുന്നു അതെങ്ങനെയാണ് ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് നിർദ്ധാരണമാണ് നിർദ്ധാരണം ബോധിപ്പിക്കുന്നു ആ ബ്രഹ്മഭിന്നമായ സർവത്തിൽ ബ്രഹ്മഭിന്നമായി അനുഭവപ്പെടുന്ന ആനന്ദത്തിൽ നിന്നും ജടത്തിൽ നിന്നും പരിച്ഛനത്തിൽ എല്ലാത്തിനും നിർദ്ധാരണം ചെയ്ത് ബോധിപ്പിക്കുന്നു അങ്ങനൊരുദാഹരണം പറഞ്ഞു വിശേഷങ്ങളതാ ചെയ്യുന്നു യഥാർത്ഥ നീലം മഹത് സുഗന്ധി ഉപ്പലം കൊലത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് പല വിശേഷണങ്ങളിലൂടെ ഒരു വ്യക്തിയെ ബോധിപ്പിക്കുന്നു രത്തിലുള്ള ഉത്പലമോ വിശേഷണങ്ങൾ അങ്ങനെയാണോ നിർദ്ധാരണം ചെയ്യുന്നതിനാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു അവിടെ ചോദിക്കുന്ന ഇവിടെ അങ്ങനെ വിശേഷണങ്ങളിലൂടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വരുന്നു ബ്രഹ്മം എന്നുള്ള കുറപക്ഷിയുടെ താല്പര്യം എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവല്ലോ കൂടുതൽ വർണ്ണനകളും വിശേഷണങ്ങളും എന്തിനാണോ ഉത്പലത്തെ സംബന്ധിച്ച് ശരിയാണ് കാരണം എന്താണോ നീലം രക്തം ചുലം നീലം നിറത്തിലൊരു ഉത്പലമുണ്ട് രക്തം നിറത്തിലുണ്ട് ഉത്പലം ഇങ്ങനെ പലതരത്തിലുള്ള ഉത്പന്നങ്ങളുള്ളതുകൊണ്ട് ഒരു വിശേഷണത്തെ ി വേറൊരു വിശേഷങ്ങളെ പ്രയോഗിക്കും നീലത്തെ ഒഴിവാക്കിയിട്ട് രക്തത്തെ പ്രയോഗിച്ചാൽ മനസ്സിലാകും അത് ചുവന്ന ഉത്പലമാണ് രക്തത്തെ ഒഴിവാക്കി നീലത്തെ പ്രയോഗിച്ചാൽ മനസ്സിലാകും നീല നിറത്തിലുള്ള ഉത്പലമാണ് കാരണം ഉത്പലത്തെ സംബന്ധിച്ച് വിശേഷങ്ങള് തായില്ല അത് മാറിക്കൊണ്ടിരിക്കുന്നു വിഭിചരം മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു വിശേഷണം മറ്റൊരു വിശേഷണത്തെ നിരാകരിച്ചുകൊണ്ട് അതിനെ ബോധിപ്പിക്കുന്നു ഉത്പല വ്യക്തികൾ അനേകമാണ് അത് പല വിശേഷങ്ങളോടും കൂടിയതാണ് ഉത്പലത്തെ സംബന്ധിച്ചത് ശരിയാണ് യഥാകി അനേകാനി ദ്രവ്യാണി അനേക ജാതീയാനി അനേകവിശേഷണ യോഗീനി തഥാവിശേഷണത്തിൽ അർപ്പമാണ് ഈ ഒരു കാര്യത്തെ ബോധിപ്പിക്കണമെങ്കിൽ എങ്കിൽ വിശേഷണം സാർത്ഥകമാകണമെങ്കിൽ എന്ത് വേണം ഒരേ ജാതിയിൽപ്പെട്ട അനേക വസ്തുക്കൾ വേണം എന്നാലേ വിശേഷണങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ ഉത്പലം എന്ന് പറയുന്ന ഒരേ ജാതിയിൽപ്പെട്ട അനേക ഉത്പലങ്ങളുണ്ട് രക്തം നീതം ശ്വേതം ഇങ്ങനെ പലതരത്തിലുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഉത്പന്നങ്ങൾ അതന്നെ അവർ ജാതിയിൽപ്പെട്ടത് ഉള്ളിടത്ത് ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിച്ചറിയുന്നതിന് വിശേഷണം ഉപയോഗിക്കും അവിടെ മാത്രം വിശേഷണം സാർത്ഥകമാകുന്നത് ഇവിടെ എന്താണ് ബ്രഹ്മം വേഗമാണ് ഏകമായ ഒരു തത്വമാണ് അത് അനേകമില്ല ഏകമായ ഒന്നിന് വിശേഷണങ്ങൾ എന്തു ചെയ്യണം അതിനെന്തിൽ നിന്ന് വേർതിരിക്കും അതുകൊണ്ട് സത്യം ജ്ഞാനം ആനന്ദം ഇത്തരം പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വ്യർത്ഥമാണ് അർത്ഥശൂന്യമാണ് പ്രയോജനമില്ലാത്തതാണ് കുടോക്ഷി പറയുന്നത് ബ്രഹ്മത്തെ ഇതിനും അനായാസമായിട്ട് ഗ്രഹിക്കാൻ പറ്റും അതിനുവേണ്ടി ഇത്തരം ചിന്തകളുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നു ബ്രഹ്മം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബ്രഹ്മം ബൃഹത്തായത് അതുകൊണ്ട് തന്നെ സംതൃപ്തനാണ് ഒരു സാധാരണ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒന്ന് അതിന്റെ ആപാതജ്ഞാനം അല്ലെങ്കിൽ സാമാന്യ ജ്ഞാനം ഒന്നങ്ങനല്ല അതിൻ്റെ അപരോക്ഷമായ ജ്ഞാനം രണ്ടു തരത്തിൽ വരെ വിഷയത്തെ സംബന്ധിച്ചാണ് സാധാരണഗതിയിൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സാമാന്യജ്ഞാനം കൊണ്ട് ഒരാൾ സംതൃപ്തനായെന്നിരിക്കും ആയതും മതി ഇത്രേ അറിയാൻ കഴിഞ്ഞുള്ളൂ ബാക്കി അറിയാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ഒരു വസ്തുവിനെയും യഥാർത്ഥമായി പൂർണമായി അറിഞ്ഞിട്ട് അറിവിൽ തൃപ്തനാകാൻ കഴിയത്തില്ല സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഏകദേശം സാമാന്യജ്ഞാനം കൊണ്ട് ഒരാൾ തൃദ്ധനാകും ഇത് മതി കൃതകൃത്യനാണെന്ന് കരുത് പക്ഷേ ഇവിടെ അത് സാധ്യമല്ല ഇവിടെ ഇതിന്റെ യഥാർത്ഥമായ പൂർണ്ണമായ ജ്ഞാനം കൊണ്ട് മാത്രമേ ഫലമുണ്ടാകൂ കൃതകൃത്യത അതുണ്ടാകുള്ളൂ ബ്രഹ്മത്തെ സംബന്ധിച്ചും പലതരത്തിലുള്ള അറിവരാൾ കാർജിക്കാം എന്നിട്ട് സാമാന്യമായ ജ്ഞാനം പരോക്ഷമായ ജ്ഞാനം ഇതെല്ലാം നേടുന്നുകൊണ്ട് അറിവ് നല്ലത് തന്നെ പക്ഷെ അതുകൊണ്ട് കൃതാർത്ഥനാകാൻ പറ്റത്തില്ല കൃതാർത്ഥത അനുഭവിക്കാൻ പറ്റത്തില്ല ബ്രഹ്മശബ്ദത്തിൽ നിന്ന് കേവലമായ ബ്രഹ്മശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെക്കുറിച്ചറിവുണ്ടായാൽ ബൃഹത്താണ് മഹത്താണോ നല്ല അറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു വലിയ ആശ്ചര്യത്തെ ഉണ്ടാക്കും അതൊക്കെ സംഭവിക്കും ആ ഇനി അങ്ങനെ ഒരു ബ്രഹ്മതത്വമാണല്ലോ പരമാർത്ഥം എന്ന് പറഞ്ഞ് താത്കാലികമായും ശാന്തിയും ആനന്ദവുമെല്ലാം ഉണ്ടാകാം പക്ഷെ കൃതകൃത്യത സംഭവിക്കത്തില്ല ആ കൃതകൃത്യതയ്ക്ക് വേണം അതിന്റെ അപരോക്ഷമായി തന്നെ അറിവ് അപരോക്ഷമായിട്ടുള്ള അറിവിന് ഇതുകൂടി ചെയ്തു ലക്ഷണത്തിലൂടെ അറിയാൻ പറ്റും പൂർണ്ണമായി അറിയാൻ പറ്റും കഴിയും അതുകൊണ്ട് ലക്ഷണം ഇവിടെ വിശേഷണമാണ് അത് അർത്ഥവത്താകണമെങ്കിൽ സാർത്ഥകമാകണമെങ്കിൽ അതിന് ചില നിയമങ്ങളെല്ലാം ഉണ്ട് ആ നിയമങ്ങളെ പാലിക്കണം അതിലൊന്നിതാണ് ഒരു സ്ഥലത്ത് ലക്ഷണങ്ങളിലൂടെ ഒരു വസ്തുവിൻ്റെ പൂർണ്ണമായ ഞാൻ നേടണമെങ്കിൽ അത് അനേകമായിരിക്കണം എന്നാലും രക്ഷണ സാർത്ഥകമാകും ഏകസ്മിൻ്റെ വസ്തുവിനി ഒരു വസ്തുവിൽ വിശേഷണാന്തരായ അവിടെ മറ്റു വിശേഷണങ്ങൾ യോജിപ്പിക്കുന്നതിന് അർത്ഥമില്ല ധാരൃഗീഥ അസുഖേക ആദിത്യഭ ആദിത്യനെ കുറിച്ച് ഒരാൾ പറയേണ്ടതാ ഇതാണ് ഏകനായ ആദിത്യൻ അങ്ങനെ പറയുന്നു ഇത് ഏകനായ ആദിത്യനാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ടാമതൊരാദിത്യനില്ല ഉണ്ടെങ്കിൽ പറയാം ഇത് ഏകനായ ആദിത്യനാണ് അതുകൊണ്ട് രണ്ടാമതൊരാദിത്യൻ ഇല്ലാത്തോണ്ട് ആദിത്യനെ കാണുന്നുണ്ട് അവന്റെ കാഴ്ചയിൽ രണ്ടാമതൊരാദിത്യനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് ആദിത്യനെന്ന് പറഞ്ഞാൽ മതി ഏകനായ ആദിത്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യർത്ഥമാവും ആ ഏക ശബ്ദത്തിന് വ്യർത്ഥ വിശേഷണ അതുപോലെ ബ്രഹ്മേകമാണ് ഏകമായിരിക്കുന്ന അതിനെ സത്യം ജ്ഞാനം അനന്തം എന്നെല്ലാം പറഞ്ഞത് വിശേഷിപ്പിക്കാനാണ് അങ്ങനെ വിശേഷിപ്പിക്ക വേണം സത്യമല്ലാത്ത അനർദമായ ഒരു ബ്രഹ്മം വേണം ജഡമായൊരു ബ്രഹ്മം വേണം പരിച്ഛിന്നമായൊരു ബ്രഹ്മം വേണം അങ്ങനെയാണെങ്കിൽ പറയാം ഇത് പരിഛിന്നമല്ലാത്തതാണ് ഇത് ജഡം അല്ലാത്തതാണ് ഇത് അനർദമല്ലാത്തതാണെന്നിങ്ങനെ വേർതിരിച്ച് കാണിക്കാം ഇതങ്ങനെയൊന്നും ഇല്ലല്ലോ ഏകമായ ബ്രഹ്മമേകനായ ആദിത്യനെ പോലെ അവിടെ പിന്നെ എന്തിനായി വിശേഷണങ്ങളല്ല ഈ ചർച്ച എന്ന അസംബന്ധമാണെന്നാണ് തഥാ ഏകമേവച്ഛ ബ്രഹ്മ ബ്രഹ്മാന്തരാണി ഏശേഷിത നീലോത്പലവ് അതുകൊണ്ട് ഇവിടെ ബ്രഹ്മം ഏകമാണ് അതുകൊണ്ട് തന്നെ അതിന് ഏകമെന്ന് പറയേണ്ട ആവശ്യമില്ല അതുപോലെ മറ്റു വിശേഷങ്ങളും ആവശ്യമില്ല ബ്രഹ്മാന്തരാണി പല ബ്രഹ്മിവിടെ ഇല്ല ഏഭ്യോ വിശേഷീത നീലോത്പലവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീലോത്പലം പറഞ്ഞതുപോലെ ഇവിടെയും വിശേഷങ്ങൾ ചേർത്ത് തന്നെ വിശേഷിപ്പിക്കാമായിരുന്നു അപ്പൊ പറയുന്നതിന് താല്പര്യം ലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് ചർച്ച ചെയ്യുന്നിടത്ത് ഈ നിയമങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുവാണ് ചർച്ച ചെയ്ത് അവിടെ വിശേഷണം ഇതെല്ലാം സാർത്ഥകമാണ് ബ്രഹ്മത്തെ സംബന്ധിച്ച് ഇതൊന്നും സാർത്ഥകമല്ല ചർച്ച കൊണ്ട് ബ്രഹ്മത്തിന്റെ അനുഭവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതാണ് പറയുന്നത് നിഷേധിക്കുന്നു സിദ്ധാന്തി പറയുന്നു നിങ്ങളീ പറയുന്നത് ശരിയല്ല ഇത് ഈ വിശേഷണം ശരിക്കും ലക്ഷണം എന്നുള്ളത് എനിക്ക് പ്രയോജനപ്പെടുന്നതാണ് ലക്ഷണ ായിട്ടാണ് ഈ വിശേഷണങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് വിശേഷണവുമാണ് അതിലുപരിയായ ഇത് ലക്ഷണവുമാണ് അതുകൊണ്ട് നായം ദോഷ നിങ്ങളീ പറഞ്ഞ ദോഷമൊന്നുമില്ല കസ്മാത് എന്തുകൊണ്ട് യസ്മാണാർത്ഥ പ്രധാന വിശേഷണങ്ങളാണ് പക്ഷെ വിശേഷണം എന്നുള്ള നിലയ്ക്കല്ല അതിന്റെ പ്രാധാന്യം ഏത് സത്യം ജ്ഞാനം അനന്തം അത് ലക്ഷണം എന്നുള്ള നിലയ്ക്കാണ് അത് സാർത്ഥകമാകുന്നത് അതെന്താ രണ്ട് നമ്മളെ വ്യത്യാസം കൂനർലക്ഷണ ലക്ഷ്യോർ വിശേഷണ വിശേഷിയോർവ വിശേഷ അങ്ങനെ പറയുമ്പം ലക്ഷണം ലക്ഷ്യം വിശേഷണം വിശേഷ്യം ഇങ്ങനെ രണ്ടായിത്തിരിക്കുന്നു ഒരേ ശബ്ദങ്ങളെ തന്നെ ഒരിടത്ത് ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി മറ്റെടുത്ത് ബ്രഹ്മത്തെ വിശേഷ്യമാക്കി ഒരിടത്ത് സത്യം ജ്ഞാനം അനന്തം അതിന് ലക്ഷണമാക്കി വേറെടുത്ത് അതിനെ വിശേഷണമാക്കി ഇതെല്ലാം ഇങ്ങനെ വേർതിരിച്ച് ചർച്ച ചെയ്തിട്ട് എന്താ പ്രയോജനം ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് തത്വജ്ഞാനമാണോ തത്വജ്ഞാനമാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു ഉച്ചതേ പറയാം ഇതിന് വ്യത്യാസമുണ്ട് ലക്ഷണമൊന്നും വിശേഷണമൊന്നും വേർതിരിച്ച് ചിന്തിക്കുന്നതിൽ പ്രയോജനം കൊണ്ട് എന്താണ് സമാന ജാതീയധ്യേവ सर्वदेव, धात्र ലക്ഷണം യഥാക്ഷം ചാക്യം അത് പറഞ്ഞു രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് സമാനജാതീയം നിവർത്തക വിശേഷണു വിശേഷ്യ നേരത്തെ പറഞ്ഞല്ലോ വിശേഷണങ്ങൾ എപ്പോഴും വിശേഷ്യത്തെ സമാന ജാതിയിലുള്ള മറ്റു വസ്തുക്കളിൽ നിന്നും പദാർത്ഥങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു ഇപ്പൊ നീലം എന്ന് പറയുന്നത് രക്തീത ഉത്പലത്തിൽ നിന്നും നീലോത്പലത്തെ വേർതിരിക്കുന്നു അതാണ് വിശേഷണത്തിന്റെ പ്രയോജനം അങ്ങനെ വേർതിരിക്കുന്നതിന് നമ്മൾ പറഞ്ഞ ശരിയാണ് ഒരേ ജാതിയിൽപ്പെട്ട അനേക വസ്തുക്കൾ വേണം ഇതൊരു ലൌകികമായ സാമാന്യമായ നിയമമാണ് അതിനംഗീകരിക്കുന്നു സമാന ജാതീയ നിവർത്തകാനി വിശേഷണി വിശേഷ്യസക്ഷണം ലക്ഷണം അങ്ങനല്ല സർവദേവ സമാനവും സജാതിവും വിജാതിയുമായ സർവത്തിൽ ലക്ഷ്യത്തെ വേദിതിരിക്കുന്നതാണ് ലക്ഷണം അത് വേറെ തരത്തിൽ പറയാം വ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷങ്ങളൊന്നും പറയും ന്യായശാസ്ത്രത്തിൽ അത് തന്നെ ഇവിടെ പറയുന്നു സർവദേവ സജാതീയ വിജാതീയങ്ങളിൽ നിന്നെല്ലാം ഒന്നിനേർത്തിരിക്കുന്നത് അതേതുപോലെ അതാണ് സ്വരൂപ ലക്ഷണം എന്ന് പറയുന്നു യഥാ അവകാശദാത്രു ആകാശം ആകാശത്തെക്കുറിച്ച് പറയുന്നു അവകാശദാതൃ ആകാശത്തിന്റെ ലക്ഷണമാണ് അവകാശത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇടം അവകാശ ഇടം ഇടം കൊടുക്കുന്നതാണ് ആകാശം ആകാശ സർവത്തിനും ഇടം കൊടുക്കുന്നു മണ്ണുമുതൽ ബ്രഹ്മാണ്ടം വരെയുള്ള സർവവും സർവപദാർത്ഥങ്ങളും ആകാശ ഒഴികെയുള്ള സർവത്തും എന്ന് പറയുന്നത് സർവവും ആകാശത്തിലാണ് സ്ത്രീയും എല്ലാത്തിനും ഇടം കൊടുക്കുന്നതാണ് ആകാശം അത് ആകാശത്തിന്റെ ലക്ഷണമാണ് അവകാശദാത്രി ഇതൊരു വിശേഷണമല്ല എന്തുകൊണ്ടല്ല കാരണം ഇവിടെ വേറൊരാകാശമില്ല ഇടം കൊടുക്കാത്ത ഒരാകാശമില്ല ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേടിതിരിക്കുന്നതിന് ഇതിന് ഇടം കൊടുക്കുന്ന ആകാശമെന്ന് പറയാം അങ്ങനെയല്ല മറിച്ചത് സജാതിയും വിജാതിയവുമായ വസ്തുക്കളിൽ നിന്നും ആകാശത്തെ വേടിതിരിക്കുന്നു ആകാശത്തിന് സജാതീയമായിരിക്കുന്ന എന്താണ് ആകാശം പഞ്ചഭൂതത്തിൽപ്പെടുന്ന ഒന്നാണ് മഹാഭൂതങ്ങളിൽ പെടുന്ന ഒന്നാണ് അവിടെ മറ്റ് ഭൂതങ്ങളുണ്ട് പൃഥ്വി ജലം അഗ്നി വായു ഭൂതങ്ങളുണ്ട് അതിനൊന്നും ഈ ഇത് സാധ്യമല്ല സർവത്തിനും ഇടം കൊടുക്കാൻ അതിനൊന്നും സാധ്യമല്ല എന്തുകൊണ്ട് അതിനുകൂടി ആകാശമാണ് ഇടം കൊടുക്കുന്നത് അപ്പൊ ഭൂതങ്ങളിൽ നിന്നും വേർതിരിക്കുന്നതിന് അവകാശദാതൃത്വം ഇത് വിജാതീയമായി ആകാശത്തിൽ നിന്നും വിജാതീയമായിരിക്കുന്ന കാലം ആത്മ അതിൽ നിന്നും ആകാശത്തിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് അവകാശ അവകാശത്ത് കൊടുക്കുന്നത് ഇടത്ത് കൊടുക്കുന്നത് ആകാശം ഇടത്തെ കൊടുത്ത് സർവത്തെ നിലനിർത്തി ആകാശത്തിലാണ് ഇത് നിലനിർത്തുന്നത് അണുമുതൽ സർവപ്രപഞ്ചവും അതുപോലെ സർവത്തിനും ആകാശം ഇടം കൊടുക്കുന്നത് നിലനിർത്താൻ മറ്റൊന്നിനു സാധ്യമല്ല കാലത്തിന് പറ്റും ഇല്ല കാലം അതുകൊണ്ട് തന്നെ ൊന്നിനെ ഉൾക്കൊള്ളുമ്പോൾ ദേശരൂപത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അതുകൊണ്ട് അതിനിടം കൊടുക്കാൻ കഴിയത്തില്ല ആകാശത്തെ പോലെ നിലനിർത്താൻ കഴിയത്തില്ല നിങ്ങൾ പറയും ആകാശ ദേശത്തെല്ലാം നിലനിർത്തുന്നു ആത്മാവിനാണെങ്കിലോ അത് കാലദേശശൂന്യമാണ് കാലദേശ ശൂന്യ ശൂന്യമായ ഒന്നിനും മറ്റൊന്നിനെ നിലനിർത്താൻ കഴിയത്തില്ല കാലവും ദേശവുമാണ് സർവത്തിനെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ കാലദേശത്തെ ആശ്രയിച്ച് പുസ്തകം മേശപ്പെടുത്തിരിക്കുന്നു മേശ എന്ന് പറയുന്നത് ഒരു ദേശത്തെ ആശ്രയിച്ചത് അവിടെയിരിക്കുന്നു എപ്പോയിരിക്കുന്നു ഈ കാലത്തിരിക്കുന്നു അപ്പൊ കാലദേശങ്ങളെ ആശ്രയിച്ച് ഒരു വസ്തു മറ്റൊന്നിനടം കൊടുക്കുന്നു ബ്രഹ്മമാണെങ്കിലോ കാലദേശ ശൂന്യം കാലദേശൂന്യമായി ഒന്നിനും മറ്റൊന്നിനെങ്കിലും നിലനിർത്താൻ കഴിയും അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ മൂന്ന് കാലത്തിനും ഒന്നിനും വാസ്തവത്തിനും നിലനിൽപ്പില്ല എന്ന് പറയും അതൊന്നിനെയും നിലനിർത്തുന്നതാണ് അവകാശദാതാവല്ല അതുകൊണ്ട് ആ ലക്ഷണം ബ്രഹ്മത്തിന് സംഹാരങ്ങൾ നടക്കുന്നതെന്ന് ബ്രഹ്മത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മം ഏതിനെങ്കിലും നേരിട്ട് കാരണമെന്നുള്ള അർത്ഥത്തിലല്ല അത് മായ എന്ന് പറയുന്ന ഉപാധിയിലൂടെ കാലദേശങ്ങളാകുന്ന ഉപാധിയിലൂടെ അത് സർവാധാരമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിലുള്ള ആധാരത്വം അധിഷ്ഠാനത്വൊന്നുമില്ലെന്ന് പറയും അതുകൊണ്ട് അതിന് ഇടം കൊടുക്കുന്നൊന്നും പറയാൻ പയ്യ മറിച്ചോടെ നേരി നേരി സർവത്തെയും നിഷേധിക്കും കാലദേശങ്ങളെപ്പോലും നിഷേധിക്കും അങ്ങനെ പറയാൻ കാരണം സാധാരണ നമ്മൾ പറയാറുണ്ട് ബ്രമമാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത് അത് ശരിയുണ്ട് ആകാശമാണ് നിലനിർത്തുന്നതെന്ന് പറയുന്നത് ശരിയാ വ്യവഹാരിക പ്രപഞ്ചം ആകാശ അത്തിലാണ് നിലനിർത്തുന്നത് ആകാശം കൊടുക്കുന്നു അതുകൊണ്ട് ആകാശത്തിന് അവകാശദാ എന്ന് പറയുന്നത് ശരിയാണ് സർവത്തിനും അത് ഇടം കൊടുത്ത് നിലനിർത്തുന്നു അത് സജാതീയമായ മറ്റു ഭൂതങ്ങളിൽ നിന്നും വിജാതീയമായ ആത്മാവിൽ നിന്നും ആകാശത്തെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് സഹായിക്കും ലക്ഷണാർത്ഥം ചവാക്യം ഇത്യാപോചാമ അതുപോലെ ഇവിടെയും സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുമ്പോ സജാതീയവും വിജാതീയവുമായ സർവത്തിൽ നിന്നും ബ്രഹ്മത്തെ വേട്തിരിച്ച് ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവിടെ സജാതീയമായിരിക്കുന്ന എന്താണ് ചോദിക്കും ബ്രഹ്മത്തിനെന്താ സജാതീയമായിരിക്കുന്നത് ആകാശത്തിനെ സംബന്ധിച്ച് സജാതീയമായോണ്ട് പഞ്ചഭൂതങ്ങളൊന്നും ബ്രഹ്മത്തെ സംബന്ധിച്ച് ലൗകികമായി സജാതീയമായ ഒന്നുമില്ല പക്ഷെ ശാസ്ത്രീയമായി സജാതീയമായ വസ്തുവുണ്ട് അല്ല ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം വരുന്നുണ്ട് അവ്യാകൃതം എന്നും മറ്റും പറയുന്നുണ്ട് ശാസ്ത്രം നിർദ്ദേശിക്കുന്നതാണ് അത് ബ്രഹ്മത്തിന്റെ അതേ സമാനതകളുള്ളതും എന്നാൽ ബ്രഹ്മം അല്ലാത്തതുമാണ് അവ്യാകൃതം മറ്റും കാരണം അവിടെ ബ്രഹ്മം സ്വാഭാവികമായിരുന്നു എന്നാൽ ഈ നാനാത്വമില്ല പ്രപഞ്ച നാനാത്വം അവിടെ ഇല്ല പ്രപഞ്ച നാനാത്വത്തെ അവിടെ നിഷേധിച്ചിരിക്കുന്നു എന്നാൽ ഉപാധി ഉള്ളതാണെന്നാണ് അവ്യാകൃതം ഇത് ശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്നതാണ് ശ്രുതി പറയുന്നതാണ് അവ്യാകൃതത്തെക്കുറിച്ച് ഇപ്പൊ ലൗകികമായും ബ്രഹ്മത്തിന് സജാതീയമായി ഒന്നും കിട്ട പക്ഷെ ശാസ്ത്രീയമായ ഇല്ല സജാതീയം അതിൽ നിന്ന് ബ്രഹ്മത്തെ വേർതിരിച്ചറിയും അല്ലെങ്കിൽ അതാണെന്നത് നമ്മൾ ധരിച്ചു പോകും അതാണെന്ന് ധരിച്ചാൽ പല ദോഷങ്ങളും വരും ബ്രഹ്മം പരോക്ഷമായിരിക്കും ബ്രഹ്മത്തിന്റെ അപരോക്ഷത അസംഭവമായി തീരും പലരും അങ്ങനെ പറയാറുണ്ടല്ലോ ആ ബ്രഹ്മത്തെക്കുറിച്ച് കേട്ടു പക്ഷെ എന്താണെന്ന് അത് എനിക്ക് അറിയാൻ കഴിയുന്നില്ല അത് പ്രപഞ്ചശൂന്യമാണെന്നറിയാം സച്ചിദാനന്ദമാണെന്നും മനസ്സിലായി പക്ഷെ അതിനെ അപരോക്ഷമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രത്യേകമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അവ്യാകൃത ഭാവത്തെ ആഗ്രഹിച്ചിരിക്കുന്നത് സുഷിത്യാവസ്ഥ പോലെ സുഷിത്യാവസ്ഥ അതിന്റെ അവ്യാകൃത ഭാവമാണ് അതല്ല അപരോക്ഷത അപരോക്ഷതയെ ഗ്രഹിക്കാൻ കഴിയാത്തതിൽ അതുകൊണ്ട് അതിന് അവ്യാകൃതമായി ഗ്രഹിച്ചാൽ പോരാ അതിന് സർവോപാധി പുനർമുക്തമായി തന്നെ ഗ്രഹിക്കണം പൃഥ്വിമായിട്ട് തന്നെ ഗ്രഹിക്കണം അതിനുവേണ്ടി സജാതീയ വിജാതിൽ നിന്ന് അതിനെ വീർതിരിച്ച് അറിയണം പ്രപഞ്ചത്തിൽ നിന്നത് വിലക്ഷണമാണെന്ന് മനസ്സിലാക്കും അതുപോലെ ശാസ്ത്രജ്ഞ നിർദ്ദേശിക്കുന്ന അവ്യാകൃതാദി ഭാവങ്ങളിൽ നിന്നും അത് അതീതമാണ് എന്ന് മനസ്സിലാക്കും എന്നാലതിന് പ്രത്യേക ഭാവം ഉണ്ടാകുന്നു തന്നിലേക്ക് അതാണ് അതിന്റെ അപരോക്ഷത അതിനുവേണ്ടി ലക്ഷണാർത്ഥം ചാക്യം അതുകൊണ്ട് ലക്ഷണ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു അതിനാണ് വാക്യം അതിനാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു അപ്പോ ലക്ഷണം എന്തു ചെയ്യുന്നു സജാതീയമായിരിക്കുന്ന വിജാതീയുമായിരിക്കുന്ന സർവത്തെയും നിഷേധിക്കുന്നു അവ്യാകൃതാദി ഭാവങ്ങൾ അതല്ല എന്ന് നിഷേധിക്കുന്നു ഈ നാമരൂപങ്ങൾ വിജാതീയുമായിരിക്കുന്നു അതുമല്ല എന്ന് നിഷേധിക്കുന്നു നിഷേധിച്ചിട്ട് ശേഷിക്കുന്നതാണ് എന്ന് ലക്ഷണം ബോധിപ്പിക്കുന്നു അതിന്റെ ലക്ഷ്യമായി ബോധിപ്പിക്കുന്നു അപ്പോ ബ്രഹ്മത്തോക്കുറിച്ച് ഒരുവനിൽ ഭ്രമം ഉണ്ടാകുന്നില്ല സംശയം ഉണ്ടാകുന്നില്ല അജ്ഞാനം ഉണ്ടാകുന്നില്ല അതിന് ലക്ഷണം സഹായിക്കുന്നു സംശയത്തിനും ഭ്രമത്തിനും അജ്ഞാനത്തിനും വിഷയമാകുന്ന സർവത്തെയും നിഷേധിക്കുന്നു അതങ്ങനെ അജ്ഞാനത്തിന് വിഷയമാകുന്നതാണ് അമ്പ്യാകൃതം അതാണ് ഞാനറിയുന്നില്ല ബ്രഹ്മത്തെ അറിയാൻ കഴിയുന്നില്ല അത് അജ്ഞേയമാണോ ഞാൻ അജ്ഞനാണ് ഇത്തരത്തിൽ അജ്ഞാനത്തെ അംഗീകരിക്കുന്നുണ്ട് ബ്രഹ്മത്തെ അജ്ഞേയമായി അറിയുന്നു അറിയപ്പെടാൻ കഴിയാത്ത ഒന്നായി അജ്ഞേയമായി അറിയുന്നു അതാണ് അതിനെ സംബന്ധിച്ച് വരുന്ന അജ്ഞാനം അതിനെ ദൂരീകരിക്കുന്നു അതൊരിക്കലും അറിയാൻ പറ്റുന്നതല്ലേ അതിനെ നിരാകരിക്കുന്നു പിന്നെ സംശയ ഭ്രമങ്ങൾ അതിനെ നിരാകരിക്കുന്നു അതിനെങ്ങനെ നിരാകരിക്കുന്നു അതിനെ മറ്റു പലതായും അറിയുന്നു ശരീരമായി അറിയുന്നു മനസ്സായി അറിയുന്നു പ്രപഞ്ചമായി അറിയുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ നിയാമക ശക്തികളായി അറിയുന്നു ായി വിഭൂതികളായി പല രീതിയിലറിയുന്നു ഇതൊക്കെ ഭ്രമാത്മകമായ അറിവുകളാണ് അതിനെ നിഷേധിക്കുന്നു ഇങ്ങനെ ഉള്ള അറിവിലും സംശയമുണ്ടാകുന്നു എന്റെ അറിവ് ശരിയാണോ ശരീരമാണോ അതോ ശരീര വിലക്ഷണമാണോ ഇങ്ങനെ സംശയമുണ്ടാകുന്നു ഈ സംശയത്തെ നിരാകരിക്കുന്നു അജ്ഞാന സംശയ ഭ്രമങ്ങളെയെല്ലാം നിരാകരിക്കുന്നു നിരാകരിച്ചുകൊണ്ടാണ് ലക്ഷണം ലക്ഷ്യത്തെ ബോധിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സത്യജ്ഞാനം അനന്തം അപ്പോൾ അജ്ഞേയമായ ബ്രഹ്മത്തെ നിഷേധിക്കുന്നു ജ്ഞാതമായിരിക്കുന്നത് ഒന്നുമല്ല ബ്രഹ്മം അതിനെയും നിഷേധിക്കുന്നു ജ്ഞാതമായിരിക്കുന്നതെന്ന് വെച്ചാൽ സംശയം ബ്രഹ്മത്തിലൂടെ അറിയപ്പെടുന്നതൊന്നുമല്ല സംശയത്തിലൂടെയും ബ്രഹ്മത്തിലൂടെയും അറിയപ്പെടുന്നതെല്ലാം ഈ ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനെ നിഷേധിക്കുന്നു അജ്ഞേയമല്ലെന്നും പറയും അത് ലക്ഷണത്തിലൂടെ സാധിക്കുന്നു അത് ഇതിനപ്പുറമുള്ള ഒരു ബ്രഹ്മത്തെ ലക്ഷ്യീകരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ് അതാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം സംശയം അജ്ഞാനം വിപരിയം ഇതിനെ ദൂരീകരിക്കാതെ യഥാർത്ഥ ഞാനും അതുണ്ടാക്കത്തില്ല ജീവന്റെ അറിവ് സാധാരണഗതിയിൽ പ്രപഞ്ചത്തെ കുറിച്ചായാലും ശരി ബ്രഹ്മത്തെക്കുറിച്ചായാലും ശരി അത് നിരന്തരം അജ്ഞാന സംശയ വിപര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വ്യവഹാരികമായി യഥാർത്ഥമെന്നറിയുന്ന അറിവ് പോലും അജ്ഞാന സംശയവിപര്യങ്ങളിൽ പെടുന്നതാണ് പ്രപഞ്ചസത്യമാണെന്നറിയുന്നു അതൊരു വിപരീയുമാണ് യഥാർത്ഥ ജ്ഞാനമല്ല അതിന് നിഷേധിക്കുന്നതിന് ആണ് ഈ ലക്ഷണം ഇതിനെല്ലാം നിഷേധിക്കുന്നതാണെന്ന് ബ്രഹ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അപരോഷമായ ബോധം അതിനു വേണ്ടിയിട്ടാണ് ഈ ലക്ഷണം ശ്രുതി നിർദ്ദേശിക്കുന്നത് ഇതാണ് സത്യാദി ശബ്ദാഹന പരസ്പരം സംബന്ധിതേ പരാർത്ഥത്വ വിശേഷിയർ സത്യം ജ്ഞാനം അനന്തം ഇത് മൂന്നും സ്വതന്ത്രമാണ് ഇതിലൊന്നുമതി എന്നാണ് ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നതിന് ഇതൊന്നും മതി അല്ലെങ്കിൽ ബ്രഹ്മത്തിന് ഒന്നുമതി ലക്ഷണമായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കൂടിച്ചേർന്നല്ല പരസ്പരം നസമ്പതേ സത്യമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെ അനർദം മാത്രമല്ല ഒഴിവാകും ജഡവും പരിച്ഛിന്നവും ഒഴിവാകും ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജഡം മാത്രമല്ല ഒഴിവാകും അനർഥവും പരിച്ഛിന്നവും ഒഴിവാകും അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരിച്ഛിന്നമായത് മാത്രമല്ല ഒഴിവാകും അവിടെ ജഡവും അനുരുദവും ഒഴിവാകും അപ്പോൾ ഒന്ന് ഒരു പദത്തിലൂടെ തന്നെ മറ്റ് രണ്ടിനെയും ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് പറയുന്നു സത്യാദി ശബ്ദ പരസ്പര സംബന്ധിന്റെ പരസ്പരം എന്തുമല്ല ഇത് ഒരുമിച്ച് ചേർന്നല്ല പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് പരാർത്ഥത്വ ഓരോന്നും ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോന്നും ലക്ഷ്യത്തിന്റെ ലക്ഷണമാണ് സത്യം പറയുന്നത് തന്നെ ബ്രഹ്മം ജ്ഞാനം പറയുന്നത് തന്നെ ബ്രഹ്മം അനന്തോ എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മം വിശേഷ്യാർത്ഥാഹിത്യേ ഓരോന്നും വിശേഷത്തിന്റെ വിശേഷങ്ങളാണ് അതാ ഏകൈകോ വിശേഷ ശബ്ദ പരസ്പര നിരപേക്ഷോ ബ്രഹ്മശബ്ദേനെ സമ്പദ്ധ്യതയോ അത് വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഓരോ ശബ്ദവും അങ്ങനെ സത്യം ബ്രഹ്മ ജ്ഞാനം ബ്രഹ്മ അനന്തം ബ്രഹ്മ എന്നിങ്ങനെ പരസ്പര നിരപേക്ഷമായി ബ്രഹ്മശബ്ദേനെ സംബന്ധ്യതയും ഒന്നും മറ്റൊന്നിൽ തൊടാതെ ബ്രഹ്മത്തിനോട് ബന്ധപ്പെടുന്നു സത്യം ബ്രഹ്മ ജ്ഞാനം ബ്രഹ്മ അനന്തം ബ്രഹ്മ ഇതി അതിനെ വിശദീകരിക്കുന്നു സത്യമിതി യദ്രൂപീണയും നിശ്ചിതം തദ്രൂപെന്ന വിഭിചരതി തസത്യം തസത്യം യ്രൂപേണ നിശ്ചിതം തദ്ധം ഇതാണ് ഇതിന്റെ രൂപം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ യദ്രൂപേണ നിശ്ചിതം തദ്പം എന്ന വ്യഭിചരീ അതിനൊന്നും മാറ്റം വരുന്നില്ല എങ്കിൽ തത് സത്യം സത്യം എന്ന് പറയും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉഷ്ണുള്ളതാണ് എന്ന് നിശ്ചയിച്ച് അങ്ങനെ നിശ്ചയിച്ച് ഞാൻ യദ്രൂപേണയത് നിശ്ചിതം തദ്രൂപെന്ന വ്യഭിചരതി ഒരിക്കലും അതിന് മാറ്റം വരുന്നില്ല ശീതമായ അഗ്നി അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടെന്താണ് തത് സത്യം അഗ്നി സത്യമാണ് ഉഷ്ണ ഉള്ള സത്യമാണ് ഇതൊരു വ്യവഹാരിക സത്യം യദ്രൂപേണ നിശ്ചിതം യദ്രൂപം വ്യഭിചര എന്നാൽ ഒരു വസ്തുവിനെ അഗ്നിയാണെന്ന് ഭ്രമിച്ചു വാസ്തവത്തിൽ അത് അഗ്നിയല്ല പക്ഷെ ഒരു പ്രകാശം കണ്ടിട്ട് ഭ്രമിച്ചു അത് അഗ്നിയാണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വസ്തുവിനെ കണ്ടിട്ട് ഭ്രമിച്ചു അത് അഗ്നിയാണ് അങ്ങനെ ഭ്രമിച്ചു കഴിഞ്ഞാൽ നിശ്ചിതം തദ്വം പിന്നീട് മനസ്സിലാകുന്നു എന്താണ് ഇത് അഗ്നി അല്ലാന്ന് മനസ്സിലാവുന്നു അതർത്ഥം ആണോ അഗ്നിയുടെ അതേ വർണ്ണമുള്ള മറ്റൊരു വസ്തുവിനെ കണ്ട് പാർത്ഥി ജലീയമോ ആയൊരു വസ്തുവിനെ കണ്ടിട്ട് ധരിക്കുന്നു ഇത് അഗ്നിയാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ മാറിപ്പോ മനസ്സിലാവുന്ന ഇത് അഗ്നിയല്ല അത് അനുരുതമായി അങ്ങനെ നോക്കുമ്പോ ഇവിടെ വ്യവഹാരികമായി സത്യമെന്ന് ബോധിക്കുന്നതും ക്രമേണ അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നു അഗ്നി വ്യാവഹാരികമായൊരു സത്യതയുണ്ട് പക്ഷെ അത് പരമാർത്ഥത്തിലില്ല അഗ്നിയില്ല അഗ്നി നശിക്കുന്നു എന്തുകൊണ്ടത് വികാരമാണ് അതുകൊണ്ട് അഗ്നിയെ പാരമാർത്ഥിക സത്യം എന്ന് പറയാമല്ലേ ഇപ്പൊ പാരമാർത്ഥിക സത്യമായി വികാരപ്പെടാത്ത ബ്രഹ്മം മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ സത്യത്തിൻ്റെ അർത്ഥം അല്ലാതെ സത്യത്തിനുള്ളിൽ വ്യവഹാരിക സത്യം എന്നുള്ള അർത്ഥമല്ല എന്നാണ് പറയുന്നത് അതോ വികാരോ അനർഥം വികാരങ്ങളെല്ലാം അനർഥമാണ് വാചാരംഭണം വികാരോ നാമധേയം അത് കേവലം വാക്കിന് ആശ്രയമായിരിക്കുന്നതാണ് ആപേക്ഷികമായി പാത്രം അസത്യവും മണ്ണ് സത്യവുമാണ് പറയുന്നു സത്യം എന്നവിടെ പറഞ്ഞു സദൈവ സൗമ്യം ഇതുമഗ്ര ആ സീത് ആ എന്താ പറയുന്നിരുന്നാൽ പിന്നെ സദൈവ സത്യം സത്ത് തന്നെയാണ് സത്യം മറ്റൊന്നും സത്യമല്ല എന്നവിടെ നിശ്ചയിച്ചിരിക്കുന്നു അപ്പൊ വ്യാവഹാരിക സത്യമല്ലാതെ മറ്റൊരു സത്യമുണ്ടോ ഉണ്ടെന്ന് വ്യവഹാരത്തിലൂടെ അറിയാൻ വയ്യ വ്യവഹാരം മറ്റൊരു സത്യത്തെ ബോധിപ്പിക്കുന്നുണ്ട് പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്നു എങ്ങനെ ബോധിപ്പിച്ചു സദേവ സത്യം സദേവ സൗമ്യമഗ്രം ആസീത് സത്യം സാത്മാ തത്വമസിതഗേതു അവിടെ ഒരു സത്യത്തെ ബോധിപ്പിക്കുന്നുണ്ട് അത സത്യം ബ്രഹ്മേരി അതുകൊണ്ട് ഉറപ്പിക്കാൻ എന്താണ് സത്യം അതിനെയാണ് അവിടെ സത് എന്ന് പറഞ്ഞത് അത് ബ്രഹ്മം ാ നിവർത്തയി അങ്ങനെ സത്യം എന്നുള്ള ആ പദം ബ്രഹ്മത്തെ വികാരങ്ങളിൽ നിന്ന് കാര്യങ്ങളിൽ നിന്നെല്ലാം വേർതിരിച്ച് കാണിക്കുന്നു അത് കാര്യങ്ങളിൽ നിന്ന് അന്യമാണ് സത്യം എന്നുള്ള ശബ്ദത്തിലൂടെ ഒരു ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നത് അസത്യമായിരിക്കുന്ന സർവത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറഞ്ഞാൽ അത് ശൂന്യമല്ലെന്നും പറ അസത്യമേ നമുക്ക് പരിചയമുള്ളൂ അസത്യത്തിൽ നിന്ന് വേറിട്ടതെന്ന് പറഞ്ഞ പിന്നെന്താ സത്യം പരിചയമില്ലല്ലോ അപ്പൊ ശൂന്യമായാലോ അല്ല ഇവിടെ ശൂന്യം എന്ന പദമല്ല ഉപയോഗിച്ചിരിക്കുന്നു ശൂന്യത്തെയാണ് ബോധിപ്പിക്കേണ്ടതെങ്കിൽ ശൂന്യമെന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെയല്ല സത്യമെന്നാ പറഞ്ഞത് ശൂന്യെന്നും സത്യം എന്നും പറയുന്നതിന് എന്താ വ്യത്യാസം പറയുന്നു സത്യം നമുക്ക് പരിചയമുള്ളതാണ് വ്യാവഹാരികമായി പരിചയമുണ്ട് സത്ത അല്ലെങ്കിൽ ഉണ്മ സർവത്ര അനുസ്യൂതമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ് ആ ഉണ്മയുടെ തന്നെ പാരമാർത്ഥികതയെ ബോധിപ്പിക്കുകയാണ് ഈ വ്യാവഹാരികമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്യം ആ അത് പാരമാർത്ഥികമാണോ സത്ത് പാരമാർത്ഥികമാണെന്ന് ബോധിപ്പിക്കുകയാണ് സദൈവ സത്യം അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അത് ശൂന്യത്തിൽ നിന്ന് വേറെയാകുന്നു വികാരങ്ങളിൽ നിന്നും വേറെയാകുന്നു കാര്യങ്ങളിൽ നിന്ന് വേറെയാകുന്നു അങ്ങനെ ബ്രഹ്മത്തെ ഗ്രഹിക്കണം അത് സാധിക്കുമെന്തുകൊണ്ട് നമുക്ക് സത്യത്തിന്റെ അനുഭവങ്ങളുണ്ട് സത്യത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് സത്യം പാരമാർത്ഥികമാണെന്ന് ഗ്രഹിക്കാം അതില്ലെങ്കിൽ അത് സാധ്യ ശൂന്യത്തെ സംബന്ധിച്ചത് സാധ്യമല്ല എന്താ ശൂന്യം ശൂന്യത്തെ നിർവചിക്കാൻ സാധ്യമല്ല ശൂന്യത്തെക്കുറിച്ച് നമ്മൾ സാധാരണ നമുക്ക് ധരിക്കാം എന്നുള്ള എന്താണ് ശൂന്യം ഇല്ലാത്തത് അഭാവം എന്നാണ് അത്രമാത്രം ധരിക്കാം ഒന്നിന്റെ അഭാവം അത് നമുക്ക് സങ്കല്പിക്കാം ശൂന്യത്തിന് അത്ര അർത്ഥം പറ്റും മീശപ്പുറത്ത് പാത്രമില്ല പാത്രത്തിന്റെ ശൂന്യത പക്ഷെ ഒരു സ്ഥലത്തും നമുക്ക് സർവശൂന്യതയെ അനുഭവിക്കാൻ കഴിയത്തില്ല ശൂന്യത്തിന് അഭാവം നടത്തി കൊടുത്താൽ മനസ്സിലാവും എന്തുകൊണ്ട് മനസ്സിലാകുന്നു മേശപ്പുറത്ത് പുസ്തകത്തിന്റെ ശൂന്യതയുണ്ട് അഭാവം അവിടെ ഭാവത്തിലൂടെ അഭാവത്ത് പറ്റും ഭാവത്തെ ഗ്രഹിക്കുന്ന ഭാവങ്ങൾ പലതാണ് മനസ്സുണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് ശരീരമുണ്ട് പിന്നെ തൻ്റെ മുമ്പിൽ മേശയുണ്ട് അവിടെ ഭാവമായ പാത്രം അവിടെ ഇല്ലെങ്കിലും അത് മനസ്സിലുണ്ട് മനസ്സിലുള്ള അതുകൊണ്ടാണ് പറയുന്നത് അത് ഇവിടെയില്ല എൻ്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിരിക്കും കാണുന്ന ഇവിടെ ഇല്ല എന്ന് പറയുന്നു അപ്പൊ ഭാവത്തിന്റെ സഹായത്തോടുകൂടി അഭാവത്തെ നിഷേധിക്കാം അല്ലെങ്കിൽ ശൂന്യതയെ നിഷേധിക്കാം അത്രയും സാധ്യമാണ് ശൂന്യതയ്ക്ക് അഭാവം എന്ന അർത്ഥം മനസ്സിലാക്കാം മറിച്ച് സർവശൂന്യം എന്നൊരർത്ഥം ശൂന്യതയ്ക്കില്ല സർവശൂന്യം അങ്ങനെ ഒന്നും അങ്ങനെ ഒരു സങ്കല്പമില്ല അപ്പൊ ശൂന്യതയെന്ന് പറയുന്നത് അഭാവമല്ല സർവശൂന്യതയാണെന്ന് പറയുകയാണെങ്കിൽ സങ്കല്പം കൊണ്ടെത്താൻ പറ്റത്തില്ല എന്തുകൊണ്ട് സർവശൂന്യത എന്ന് പറയുമ്പോൾ ചോദിക്കും സർവ്വശൂന്യത എവിടെ എപ്പോൾ ആര് എന്നൊക്കെ ചോദിക്കും ഇതിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ ചോദിക്കും അതെവിടെ മേശപ്പുറത്ത് ഏത് സമയം ഈ സമയം ആര് അറിയുന്നു ഞാൻ അറിയുന്നു അതിനൊക്കെ സമാധാനമുണ്ട് എന്തുകൊണ്ട് ആ ഭാവം മറ്റു പലതിനെ da വെളിപ്പെടുന്നതാണ് സർവശൂന്യതയല്ല സർവശൂന്യതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും സർവശൂന്യത അത് എവിടെ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ശൂന്യത്തിൽ നിന്ന് വേറിട്ടൊന്നുണ്ട് ശൂന്യക്കൊരാധാരമായി നീ എപ്പോൾ ഏത് കാലത്ത് അപ്പൊ ശൂന്യതയ്ക്കൊരു കാലമായി അപ്പൊ ശൂന്യതയിൽ നിന്ന് വേറിട്ട് ദേശവും കാലവും വന്നു അപ്പൊ എങ്ങനെ സർവശൂന്യത വരും ദേശകാലങ്ങളെ അപേക്ഷിച്ച് വെളിപ്പെടുന്ന ഒന്ന് എങ്ങനെ സർവ്വശൂന്യമാകും ഇതിനെല്ലാം ഒരുപാട് ഒരു ഉപരിയായി ചോദിക്കും ഇതാർക്കാണ് ശൂന്യം അഭാവം ആർക്കാണ് എനിക്കാണ് കാണുന്നവനാണ് അഭാവം അതുപോലെ സർവശൂന്യത ആർക്കാണ് ആര് പറയുന്നു സർവശൂന്യത എനിക്കാണെന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ എന്തായി ശൂന്യത്തിൽ നിന്ന് വേറിട്ട് ഞാനായി സർവശൂന്യത എന്ന് പറയുന്നത് നിർവചിക്കാമില്ല ഇപ്പൊ കാലദേശം നിങ്ങൾക്കപ്പുറം ഈ ശൂന്യതയെ അനുഭവിക്കുന്നതിനപ്പുറമുള്ള ഒന്നാണെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമായി അതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ ശൂന്യതയ്ക്കൊന്നുകിൽ ബ്രഹ്മം എന്നർത്ഥം പറയുന്നു അല്ലെങ്കിൽ ശൂന്യത അർത്ഥശൂന്യമായ ഒന്നാണ് ആകാശകുസുമെന്ന് പറയുന്നത് അർത്ഥശൂന്യമായ വികല്പം ജ്ഞാനമാണെന്ന് പറയേണ്ടി അതുകൊണ്ട് ശൂന്യതയെ അംഗീകരിക്കാൻ ശൂന്യതയെ യുക്തിയിലൂടെയും ബുദ്ധിയിലൂടെയൊന്നും അംഗീകരിക്കാൻ വയ്യ മറിച്ച് അസ്തിത്വം എങ്ങനെയാണ് ആ അസ്തിത്വത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി തന്നെ വരും അസ്തിത്വത്തെ യുക്തിയിലൂടെ നിഷേധിക്കാൻ സാധ്യത ശൂന്യതയെ നമ്മൾ നിഷേധിച്ചോ എത്ര സമർത്ഥനായ താർക്കികനായാലും ശരി അസ്തിത്വം അങ്ങനെയല്ല അനിശ്ചേദിക അമ്മയെ എന്തുകൊണ്ട് തന്റെ അസ്തിത്വം പ്രപഞ്ചത്തിന്റെ അസ്തിത്വം സർവാസ്തിത്വം താൻ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സത്യം എന്ന് പറയുമ്പോൾ ശൂന്യതയല്ല നിർദ്ദേശിക്കുന്നു ആ പദം ഒരു അർത്ഥമുണ്ട് അർത്ഥത്വം നിർദ്ദേശിക്കുകയാണ് ആ അർത്ഥം ശൂന്യതയല്ല എന്നർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ആ പദം ലക്ഷ്യമാക്കുന്ന ഒരർത്ഥം അതിനെ ബോധിപ്പിക്കുന്നു അത് ലക്ഷ്യമാക്കുന്ന സത്യം സത്തയെ അത് ലക്ഷ്യമാക്കുന്നുണ്ട് അതിലൂടെ ലക്ഷ്യമാകുന്ന സത്തയെ അത് ബോധിപ്പിക്കുന്നു അതുകൊണ്ടാണ് ലക്ഷ്യം അടുത്തത്തെ എന്ന് പറയുന്നു അതാണ് ഏവം സദേവ സത്യം ഇത്യവധാരണ ശ്രുതി പറയുന്നത് സത്യമാണ് സത്താണ് സത്യമാണ് ശൂന്യമല്ല അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും ആ സത്തയെ ശൂന്യത്തെ നിഷേധിക്കുന്നത് പോലെ നിഷേധിച്ചു കഴിഞ്ഞാൽ തന്റെ നിഷേധമാവും തന്റെ നിഷേധം തനിക്ക് സാധ്യമല്ല തന്റെ നിഷേധിച്ചാൽ പിന്നെ അതോടുകൂടി അവിടെ വ്യവഹാരം അസ്തമിച്ചു വാക്കും മനസ്സുമെല്ലാം അവിടെ അസ്തമിച്ചു പിന്നെ ചോദ്യ സമാധാനമില്ല ഇവിടെ അങ്ങനെയല്ല അതിന് സത്യം ഒന്ന് അവധാരണ നിശ്ചയിക്കുകയാണ് അതാണ് നാമധേയം പ്രത്യേകിയ ദൈവസത്യം ശ്രുതി സത്യത്തെക്കുറിച്ച് പറയുന്നു ബ്രഹ്മൻ സത്യമാണ് പരമാർത്ഥമാണ് ആകാശകുസുമല്ല വീണ്ടും അത് ചർച്ച ചെയ്യും ഇക്കാര്യം അഥാ സത്യം ബ്രഹ്മേരി ബ്രഹ്മവിത്കാര നിവർത്തയരി എല്ലാ വികാരങ്ങളിൽ നിന്നും ശൂന്യം ഉൾപ്പെടെയുള്ള വികാരങ്ങളിൽ നിന്നല്ല എന്നെ വേർതിരിക്കുന്നു ശൂന്യെന്ന് വെച്ച അഭാവം കാര്യമാണ് ഇവിടെ വസ്തു ഇരുന്നു ആ വസ്തു ഇവിടെ നിന്ന് പോയപ്പോ അഭാവം ഉണ്ടായി ആ വസ്തുവിനെ ഇവിടെ നീക്കിയതാണ് അഭാവത്തിന് കാരണം അതുകൊണ്ട് അതും കാര്യമാണ് വികാരമാണ് ആ സർവവികാരങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിക്കണം വേർതിരിച്ച് മനസ്സിലാക്കുന്നു തന്റെ സ്വരൂപം അങ്ങനെയാണ് എന്തുകൊണ്ടങ്ങനെ വേർതിരിക്കേണ്ടി വരുന്നു താൻ തന്റെ അനുഭവത്തിൽ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനടതമായ പ്രപഞ്ചത്തെയാണ് അനടതമായ ശരീരത്തെയാണ് അനടത്തമായ മനസ്സും കാലവും ദേശവും മറ്റുമൊക്കെയാണ് ബ്രഹ്മത്തെ ബോധിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഈ അനടത്തമായ സർവത്തെയും ബോധിക്കാൻ പറ്റും അതിനുവേണ്ടി സത്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു സത്യം ഫലത്തിൽ ഇതിനെ നിഷേധിക്കുന്നു എല്ലാത്തിനും നിഷേധിക്കുന്നു അനുഭവപ്പെടുന്ന സർവത്തെയും നിഷേധിക്കുന്നു താരദേശങ്ങൾ ഉൾപ്പെടെയുള്ള സർവത്തെയും നിഷേധിക്കുന്നു അങ്ങനെ നിഷേധിച്ചാലും അത് ശൂന്യതയിലേക്ക് പോകുന്നില്ല ഇതിന്റെ എല്ലാം നിഷേധം ഒരു വസ്തുവിന്റെ നിഷേധം എന്ന് പറയുന്നത് എന്താണ് അതൊരഭാവമാണ് പറയുന്നു മേശപ്പെടുത്തും പുസ്തകമില്ല വസ്തുവിനൊന്ന് ജീവിതം പുസ്തകം ആസ്തി അതൊരഭാവമാണ് ഇവിടെ വികാരത്തെ സർവത്തെയും നിഷേധിക്കും ശരി ശൂന്യമല്ലായിക്കോട്ടെ പക്ഷെ അത് ഒരഭാവമായി കൂടെ പറയുന്ന ഇത് ഇതിനെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് പുസ്തകം ഇല്ലെന്ന് പറഞ്ഞതുപോലെ നിഷേധിക്കുറത്ത് പുസ്തകം നിഷേധിച്ചപ്പോ ശരിയാണ് മേശപ്പുറത്ത് അതിന്റെ ഇവിടെ അങ്ങനെയല്ല നിഷേധിക്കുന്നു ഇവിടെ സത്തയിൽ ഇതിനെ നിഷേധിക്കുകയാണ് സത്തയിൽ എങ്ങനെ നിഷേധിക്കുന്നു ഇവിടെ ഭാഗ്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാമരൂപങ്ങൾ ഈ നാമരൂപങ്ങളിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഒരു സത്ത ഇത് സത്താണ് നാമം സത്താണ് രൂപം സത്താണെന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്ത ഈ സത്തയുടെ പാരമാർത്ഥികതയെ ബോധിപ്പിക്കുകയാണ് ആ പാരമാർത്ഥികതയിൽ വ്യാവഹാരികമോ കാൽപ്പനികമോ ആയ ഒന്നും നിലനിൽക്കുന്നില്ല എന്നും ബോധിപ്പിക്കുകയാണ് അപ്പൊ ഇവിടെ വികാരങ്ങളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് നിഷേധമല്ല സത്തയാണ് എന്തുകൊണ്ട് സത്തയിൽ നിഷേധിക്കുകയാണ് സത്തയിൽ നിഷേധിച്ചാൽ സത്തശേഷിവിടെ കാണുന്നു അങ്ങനെയാണ് ഈ മേശപ്പുറത്ത് പുസ്തകത്തെ നിഷേധിച്ചാൽ മേശശേഷി അതുകൊണ്ട് മേശയെ നിഷേധിക്കാൻ പറ്റും സത്ത പരമാർത്ഥമാണ് എന്ന് പറയുമ്പോൾ സത്തയിൽ അണ്ടതമായ സർവത്വം നിഷേധിക്കുന്നു സത്ത ശേഷിക്കുന്നു അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന ശബ്ദം വികാരങ്ങളെയെല്ലാം നിഷേധിച്ചിട്ട് ഒരു ശൂന്യതയെ ബോധിപ്പിക്കുകയല്ല മറിച്ച് ഒരു സത്തയെ ബോധിപ്പിക്കുകയാണ് അത് നിർവികാരമായ സത്ത പൂർണ്ണമായ സത്ത അതുകൊണ്ട് സത്യശബ്ദത്തിനൊരർത്ഥമുണ്ട് പക്ഷെ അത് നിർവികാരവും പൂർണവുമായി ഇരിക്കുന്നതുകൊണ്ട് ആ അർത്ഥത്തെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അതിനെ ലക്ഷ്യാർത്ഥമെന്ന് പറഞ്ഞു നമുക്ക് പരിചയം ഉള്ളതെല്ലാം വികാരവും അപൂർണവുമാണ് ഇതങ്ങനെ നിർവികാരവും പൂർണവുമായ ഒരു സത്വം അതർത്ഥമാണ് ശൂന്യമല്ല അതിനെ ബോധിപ്പിക്കുന്നു അത് പറയുന്നത് ശൂന്യതയും സത്യം തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മ വികാര നിവർത്തയ വികാരങ്ങളിൽ നിന്നെല്ലാം ബ്രഹ്മത്തെ വേർതിരിക്കുന്നു അതാണ് സത്യശബ്ദത്തിന്റെ പ്രയോജനം അത് കാരണത്വം പ്രാപ്തം ബ്രഹ്മണ ശരി അങ്ങനെ ചിന്തിക്കുമ്പോ അത് കാരണമാണെന്ന് വരുന്നു എന്തുകൊണ്ട് വികാരം എന്ന് പറഞ്ഞ് വികാരം എന്ന് വികാരം അല്ലെങ്കിൽ കാര്യത്തെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സത്യമായോ അസത്യമായോ കാരണത്തെ സ്വീകരിച്ചേ മതിയാവും കാരണം എന്തുകൊണ്ട് കാരണം കൂടാതെ കാര്യം ഉണ്ടാകത്തില്ല നിങ്ങളിവിടെ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു നാമരൂപങ്ങളാകുന്ന വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ വികാരത്തെ അംഗീകരിച്ചു പറയുന്നത് സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ അതിനൊരു കാരണമുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിർഗുണമായ ബ്രഹ്മം കാരണമാണെന്ന് പറയേണ്ടി വരും അത് കാരണത്വം പ്രാപ്തും ബ്രഹ്മണ കാരണമായി കഴിഞ്ഞാലോ കാരണസ കാരകത്വം വസ്തുത്വ കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ കാരകമായി സ്വീകരിക്കേണ്ടി കാരണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തത്വത്തെ തത്വത്തെക്കുറിച്ചായാലും ശരി എത്ര മഹത്തായ തത്വമായാലും ശരി ആ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകനീതിയെ അതിക്രമിച്ച് ചിന്തിക്കാൻ പറ്റില്ല വ്യവഹാര യുക്തിയെ തള്ളിക്കളഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കും ചിന്ത അതിനുള്ളതാണോ യുക്തിയും ന്യായവും അനുസരിച്ച് പോകാനുള്ളതാണ് ചിന്ത അതിന് പിന്തുടരണമെങ്കിൽ അനുസരിച്ചില്ലെങ്കിൽ അതിനെന്ത് പറയും ഭ്രാന്തമായ അവസ്ഥയെന്ന് പറയും മനസ്സ് നിയമത്തെയും യുക്തിയെയും പിന്തുടരാതെ വരുമ്പോഴാണ് പറയുന്നത് അതിന് നിലനിൽപ്പില്ല സമനിലയില്ല എന്ന് പറയും ഇതങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള അദ്വൈത ചർച്ച എന്ന് പറയുന്നത് സമനില തെറ്റിക്കാനുള്ള നിലയില്ലാത്ത ചർച്ചയല്ല ഇത് നിലയുള്ളതാണ് അവിടെ യുക്തിയും ന്യായത്തെ സ്വീകരിച്ചേ പറ്റു നിങ്ങൾ വികാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു നാമരൂപങ്ങൾ വികാരമാണ് എന്ന് പറയുന്നു വിശ്വസിക്കുന്നു ആരാ ഈ വികാരങ്ങൾ എന്നാ എവിടെ നിന്നുണ്ടായി ആരാ ഇതിന് കാരണക്കാരൻ അത് അങ്ങനെയാണെങ്കിൽ അത് കാരകമാണല്ലോ കാരകത്വം വരും കാരകത്വം എന്ന് പറയുന്നത് എന്താണ് പറയുന്നു കുലാലൻ വെറുതെ ഇരുന്നാൽ പാത്രം ഉണ്ടാകത്തില്ല മറിച്ച് ആ പാത്രം ഉണ്ടാക്കുന്നതിനുള്ള യത്നം അത് കുലാലിന് വരണം എന്നാലെ പാത്രം ഉണ്ടാവും അപ്പൊ അവിടെ മൂന്ന് കാര്യം വരുമെന്ന് കുലാലൻ രണ്ട് പാത്രം മൂന്നാമത് യത്നം അപ്പോ പുലൻ പാത്രത്തിന് കാരണമാകണമെങ്കിൽ പുലാലനൻ യത്നം വരണം അതാണ് കാരകത്വം ബ്രഹ്മം നാമരൂപങ്ങൾക്ക് കാരണമാണെന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിൽ കാരകത്വം വരണം യത്നം വരണം അത് അതിന്റെ ഒരു വികാരമായി അതല്ലെങ്കിൽ എങ്ങനെ ഇതിന് കാരണം എന്ന് പറയാൻ കഴിയും അല്ല ബ്രഹ്മത്തിൽ യത്നമില്ല അതെ അത് കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെയല്ല ചിന്തിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിക്കെന്തോ തകരാറുണ്ട് നിങ്ങളെ ബുദ്ധി യുക്തിയെയും ന്യായത്തെയും പിന്തുടരുന്നില്ല അപ്പോൾ അത് വിവേകങ്ങളോരുടെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല അവരെ തള്ളിക്കളയും ഭ്രാന്തപ്രലഭനമാണ് ചൊവികൊടുക്കാൻ ആളെ കിട്ടത്തില്ല അതുകൊണ്ട് പറയുന്നു കാരണമായി സ്വീകരിച്ചാൽ കാരകത്വം അംഗീകരിക്കണം പല ദോഷങ്ങൾ വരും നിങ്ങൾ പറയുന്ന ബ്രഹ്മം നിർഗുണമാകാതെ വരും ദ്വൈതം വരും അദ്വൈത സ്ഥാപിക്കത്തില്ല വസ്തുത്വം കാരണം കാരകത്വം വരും അത് വസ്തുവാകും ഭാവരൂപമായി സ്വീകരിക്കേണ്ടി വരും അങ്ങനെ വന്നുകഴിഞ്ഞാലോ മൃദ്വത് അച് രൂപദാശപ്രാപ്ത അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ജഡമാകും ഏതുപോലെ മൃത്വത് മൃത്തിനെപ്പോലെ ജഡമൊന്ന് സ്വീകരിക്കേണ്ടി വരും മൃത് ജഡമാണ് മൃത്തിൽ നിന്നും കാര്യമുണ്ടാകും പാത്രം അവിടെ മൃത്തിൽ കാരക വ്യാപാരം നടക്കുന്നു മൃത്ത് കേവലം ഉപാദാനമാണ് സ്വയം കാരകമല്ല അല്ലെങ്കിലും യത്നം അതാണ് കാരകവ്യാപാരവും മൂലം കുലാനിരിക്കുന്ന യത്നം ആ യത്നം മൃത്തിന വിഷയമായി സംഭവിക്കുന്നു മൃത്തിനെ ലക്ഷ്യമാക്കി പ്രവൃത്തി സംഭവിക്കുന്നു ആ പ്രവൃത്തിയുടെ ഫലമായി പാത്രമുണ്ടായി അപ്പോൾ അമൃത്തിനെന്ത് ചെയ്തു കാരകത്വം വന്നു നേരിട്ടല്ല കുലാലൻ കാരകൻ അതിൽ കാരകത്വം ആ കാരകത്വത്തിന്റെ വിഷയമായി മൃത്ത് കുലാലനിലൂടെ ആ പ്രവൃത്തി മൃത്തിലേക്ക് വന്നു യത്നം അല്ലേ കുലാലൻ മാത്രമാണോ ഇരിക്കുന്നതല്ല കുലാലം പ്രവർത്തിക്കുന്നു ആ പ്രവൃത്തി ആകൃതിയും നാമവും എല്ലാം നൽകുന്ന ഏതിനും മൃത്തിനും അപ്പോൾ പ്രവൃത്തിയുടെ ഫലമാണ് മൃത്ത് പാത്രമായും മാറിയത് അപ്പോൾ അതിലേക്ക് വന്നു അച്ദ്രൂപത അത് ജഡമായി ജ്ഞാനമല്ല പ്രാപ്ത അത ഇതം വെച്ചതേ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് പറയുന്നു ജ്ഞാനം ബ്രഹ്മ സത്യം ബ്രഹ്മ എന്ന് പറഞ്ഞതിന്റെ പ്രയോജനം പറഞ്ഞിട്ട് പറയുന്നു ജ്ഞാനം ബ്രഹ്മ ജടത്തും വരാൻ പാടില്ല സർവത്തെയും നിഷേധിക്കുമ്പോ ജ്ഞാനത്തെയും നിഷേധിക്കേണ്ട എന്തുകൊണ്ട് ജ്ഞാനവും നമുക്ക് അനുഭവപ്പെടുന്നത് വികാരമായിട്ടാണ് ഞാനും നമുക്ക് അനുഭവപ്പെടുന്നത് ഉത്പത്തി സ്ഥിതി നാശങ്ങളോടുകൂടിയാണ് എനിക്ക് ഞാനും ഉണ്ടായി എനിക്ക് ഞാനും ഉണ്ട് ഇനി ഉണ്ടാകും ആർക്കും ഞാനത്തെ സത്തായി അനുഭവിക്കാൻ കഴിയുന്നില്ല ജ്ഞാനത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് ജഡം ആകും ഹ്യമായും കാണുന്ന ജഡത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ നിഷേധിച്ചു തന്റെ യഥാർത്ഥ രൂപത്തെ ഗ്രഹിക്കണം പ്രത്യേക രൂപം എന്താണ് തന്റെ യഥാർത്ഥ രൂപം എന്തായാലും ശരീരമുണ്ട് ശരീരത്തെ നിഷേധിച്ചു പിന്നെ ശരീരത്തെ നിഷേധിച്ച ബാക്കി എന്താണ് ഈ ചിന്തയാണുള്ളത് വേറെ ഞാനെന്ന് പറയുന്നത് രണ്ടു കാര്യങ്ങളാണോ ഈ ശരീരം മറ്റൊന്ന് ചിന്ത ഇത് രണ്ടും പോയാൽ പിന്നെ തന്നെയാണ് ഇപ്പൊ ശരീരത്തെ നിഷേധിക്കാൻ ഇത് സ്ഥൂലമാണ് ഇത് ഒരു സംഘാതമാണ് ഇതിന് സൂക്ഷ സ്ഥൂലവും സൂക്ഷ്മവും കാരണരൂപത്തിലുള്ള പലതും ചേർന്നിരിക്കുന്നു അതുകൊണ്ട് നിഷേധിക്കുക ഇത് പരമാർത്ഥമല്ല സത്യമല്ല പിന്നീട് ശേഷിക്കുന്ന എന്താണ് ഈ ജ്ഞാനം തന്നെ മനസ്സ് തന്നെ അതും നിഷേധിക്കേണ്ടി വരുന്ന എന്തുകൊണ്ട് അതും പരമാർത്ഥമില്ലെന്നും വികാരപ്പെടും അതിനെയും നിഷേധിച്ച് ജ്ഞാനത്തെയും നിഷേധിച്ച് ഈ ജഡത്തെയും നിഷേധിച്ച പിന്നെ ശേഷിക്കുന്നത് എന്താ പിന്നീട് ഒന്നും ചിന്തിക്കാൻ വയ്യ ചിന്തിക്കാൻ കഴിയാത്ത മൂഢത ജ്ഞാനത്തിന് നേരെ വിരുദ്ധമായി വരുന്ന അതാണ് പിന്നെ ശേഷിക്കുന്നത് ചിന്തിക്കാൻ വയ്യെങ്കിൽ പിന്നെ ഇവിടെ അറിവില്ല മൂഢത ജടത്വം കേവല ജടത്വം അത് പ്രാപ്തമാവും അതാണോ ബ്രഹ്മം ശരീരമല്ല അറിവുമല്ലെങ്കിൽ അതല്ല അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനം എന്ന് പറഞ്ഞത് നമ്മൾ നിഷേധിക്കുന്നത് മാനസിക മാനസിക വൃത്തികളെ ജ്ഞാനമെന്ന് ഭ്രമിച്ചിട്ടാണ് പറയുന്നത് ഞാനും ഇക്കാരിയാണ് ഞാനും ഉണ്ടാകുന്നതാണ് നശിക്കുന്നതാണെന്ന് പറയുന്നു ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നത് ജഡമായ മാനസിക വൃത്തി മാത്രമാണ് ജ്ഞാനമല്ല വിഷയജ്ഞാനം എന്ന് പറയുന്നതും വിഷയജ്ഞാനമെന്ന് പറയുന്നതും നമ്മൾ ഭ്രമിച്ച് പറയുകയാണ് വിഷയജ്ഞാനമെന്ന് നമ്മൾ പറയുന്നത് വൃത്തിയാണ് മനോവൃത്തികളെയാണ് ജ്ഞാനത്തെയല്ല നമ്മൾ പറയുന്ന വിഷയജ്ഞാനമാണ് അങ്ങനെ ഒരു പേര് കൊടുക്കുന്നു മനോവൃത്തികൾ അതിന് നിഷേധിക്കും അത് അനർഥമാണ് ജഡമാണ് പക്ഷെ ജ്ഞാനത്തെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് അത് സ്വയം പ്രകാശിക്കുന്നതാണോ അതിന് നിഷേധിക്കാൻ പറ്റില്ല അതിന് സൃഷ്ടിച്ചി നാശങ്ങളുള്ളതല്ല ആ ജ്ഞാനത്തിൽ വൃത്തികൾ ഉയരുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഭ്രമിക്കുന്നത് ജ്ഞാനത്തിന്റെ ഉത്പത്തി നാശങ്ങളാണെന്ന് ഭ്രമിക്കുന്നു അത്രേ സംഭവിക്കുന്നുള്ളു അപ്പോ എങ്ങനെയാണോ ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ നിഷേധിച്ചത് സ്ഥൂലം സൂക്ഷ്മം കാരണരൂപത്തിലുള്ള ശരീരത്തെ നിഷേധിച്ചത് അതുപോലെ ജ്ഞാനത്തെ നിഷേധിക്കാൻ സാധ്യമല്ല ജ്ഞാനമെന്ന് ധരിച്ചുകൊണ്ട് നിഷേധിക്കുന്നത് ജഡത്തെയാണ് വൃത്തികൾ ജഡമാണ് മനോവൃത്തികൾ അതുകൊണ്ട് ജ്ഞാനം ശുദ്ധമാണ് ആ ജ്ഞാനത്തിൽ സർവജടത്തെയും നിഷേധിച്ചിട്ട് അതിനെ പ്രത്യേകമായി ഗ്രഹിക്കണം അപ്പൊ മനോവൃത്തികൾ അത് ഉണ്ടായി നശിച്ചു പോകുന്നു അതിനെ നിഷേധിക്കുന്നു നേതി നേടിയിട്ടല്ല നിഷേധിച്ചാലും എവിടെയാണോ ഈ മനോവൃത്തികൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അത് നിഷേധിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നിഷേധിക്കുന്നവൻ തന്നെ അതാണ് നിഷേധിക്കാൻ കഴിയുന്നില്ല ആ ജ്ഞാനത്തെ ബോധിപ്പിക്കാൻ എങ്ങനെയാണോ സത്യത്തിന് സത്യശബ്ദത്തിന് ലക്ഷ്യമായൊരർത്ഥം വന്നത് അതുപോലെ ജ്ഞാനശബ്ദത്തിനും ലക്ഷ്യമായൊരർത്ഥമുണ്ട് അതിനെ ബോധിപ്പിക്കുന്നു അതുകൊണ്ട് അനർഥമായത് എല്ലാം നിഷേധിച്ചപ്പോഴും അവിടെ ജഡം വന്നില്ല സത്യം തന്നെ അതുപോലെ ജഡമായ സർവത്തെയും നിഷേധിച്ചാലും ജ്ഞാനം തന്നെ ശേഷിക്കും അതിനാണ് ഇവിടെ ജ്ഞാനം എന്നുള്ള ശബ്ദത്തെ പറഞ്ഞത് വെ പ്രത്യേക രൂപമായി ബോധിക്കണം എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു അനൃതമായിരിക്കുന്ന ശരീരം ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും നിഷേധിച്ചു നിഷേധിച്ചപ്പോഴും നിഷേധിക്കാൻ വയ്യാതെ ശേഷിച്ചു സത്യം അത് സത്യശബ്ദം അതിനെ ലക്ഷ്യമാക്കുന്നു അതുപോലെ അനർത്ഥമായ സർവത്തെയും നിഷേധിച്ചു ജ്ഞാനത്തെ ഉൾപ്പെടെ മനോവൃത്തികളെ ഉൾപ്പെടെ നിഷേധിച്ചാലും ശേഷിക്കുന്നു ജ്ഞാനം ജ്ഞാനത്തെ നിഷേധിച്ചാലും ജ്ഞാനം ശേഷിക്കുന്നു അതിനെ നിഷേധിക്കാൻ വയ്യ അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല അങ്ങനെ ശേഷിക്കുന്നത് അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി ലക്ഷണമായി ബോധിപ്പിക്കാൻ വേണ്ടി ജ്ഞാനശബ്ദം ഉപയോഗിച്ചു അതിനെ പ്രത്യേകമായി അതിനെ സ്വസ്വരൂപമായി ബോധിക്കുക അതിനുവേണ്ടിയിട്ടാണ് അതിനെ ബ്രഹ്മത്തിന്റെ വിശേഷണമായി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മേരി ജ്ഞാനം ഞപ്തി അവബോധോ ഭാവസാധനോ ജ്ഞാനശബ്ദോ ബ്രഹ്മവിശേഷണത്വ സത്യാനന്ദാഭ്യാംസഹ ജ്ഞാനം എങ്ങനെയാണോ സത്യം എന്ന് പറയുന്നതും തെറ്റിദ്ധാരണ ഉണ്ടാകും സത്യത്തെ നിഷേധിക്കുന്നു തോന്നുന്നു അതാണ് പ്രപഞ്ചം അസത്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുടൻ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന എന്താണ് സത്യത്തെ നിഷേധിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ അനുഭവം പ്രപഞ്ചസത്യമാണ് പ്രപഞ്ചസത്യമാണെന്നുള്ളതുകൊണ്ട് സത്യത്തെ നിഷേധിച്ചാൽ നമ്മുടെ യുക്തി അംഗീകരിക്കത്തില്ല കൊണ്ടാണ് പ്രപഞ്ച മിഥ്യ എന്ന് പറയുന്നത് ബുദ്ധിയെ സമ്മതിക്കാത്ത അതിന് യുക്തിയുണ്ട് അതുപോലെ ജ്ഞാനം എന്ന് പറയുമ്പോഴും അവിടെ ജ്ഞാനത്തെ നിഷേധിക്കേണ്ടി വരും ജ്ഞാനത്തെയും നമുക്ക് നിഷേധിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ജ്ഞാനം സ്ഥായിയായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ജ്ഞാനത്തിന്റെയും സൃഷ്ടിസ്ഥിതി നാശങ്ങൾ നമുക്ക് സദാ അനുഭവമുള്ളതാണ് അതുകൊണ്ട് ജ്ഞാനമെന്നുള്ള ശബ്ദവും പര്യാപ്തമല്ല ഒരു ശബ്ദം എങ്ങനെയാണ് അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ഒരു ശബ്ദം ഒരർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ ആ ശബ്ദത്തിന് അടിസ്ഥാനപരമായൊരർത്ഥം വേണം എന്നാലേ അതിനെ അർത്ഥത്തെ ബോധിപ്പിക്കാൻ പറ്റും അതിനാധാരമായൊരർത്ഥം വേണം ഉദാഹരണം പറഞ്ഞാൽ ഗച്ഛതി പോകുന്നു അതിന് ആധാരമായിട്ട് ഒരർത്ഥമുണ്ട് എന്താണ് അതാണ് ഗമനക്രിയ എന്ന് പറയും അങ്ങനെ ധത്വർത്ഥമാണെങ്കിൽ ഭാവം എന്ന് പറയും ആ ഒരർത്ഥമുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് പലതരത്തിലുള്ള അർത്ഥം വരുന്നത് പറയും ഗച്ഛൻ അർത്ഥം മാറി പോകുന്നവൻ ഗച്ഛന്തി പോകുന്നവൾ ഗതം പോയി ഗമിശ്ശേരി പോകും പലതരത്തിൽ ഉള്ള അർത്ഥഭേദം വരുന്നു പക്ഷെ ഈ അർത്ഥഭേദം വരുന്നതിന് കാരണമായി ഒരു മൂലാർത്ഥമുണ്ട് അതിനാണ് ഭാവം എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെയാണ് നമ്മൾ അർത്ഥത്തഞ്ചിരിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി ലോകത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി ജ്ഞാനം എന്നുള്ള ശബ്ദത്തിൽ നിന്ന് എന്തർത്ഥമാണോ നിങ്ങൾ ധരിക്കുന്നത് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് പല അർത്ഥങ്ങളും ഉണ്ടാകാം ഒന്ന് ജ്ഞാത അറിയുന്നവൻ ജ്ഞാതം അറിഞ്ഞത് ജ്ഞാത ഇനി അറിയാൻ പോകുന്നവൻ ഭാവിയിൽ വരുന്ന അറിവ് അങ്ങനെ പലതരത്തിലുള്ള അർത്ഥഭേദം വരും പിന്നെ ജ്ഞാനം നമുക്ക് സ്വയം അറിയാം പുസ്തക ജ്ഞാനം ജ്ഞാനം ാ തരത്തിലുള്ള ജ്ഞാന ഇവിടെ ജ്ഞാനശബ്ദത്തിൽ നിന്ന് എന്തർത്ഥം ഉണ്ടെടുക്കുന്നത് പറയുന്നു ജപ്തി ഇവിടെ ആ ധാത്തൂർത്ഥം തന്നെ ആ ധാത്തൂർത്ഥം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ അർത്ഥങ്ങൾക്കും ആധാരമായിരിക്കുന്ന അർത്ഥം അത് അതിൽ നിന്ന് മറ്റെന്തെല്ലാം അർത്ഥം വരാമോ അതിനെല്ലാം ആധാരമായിരിക്കുന്ന അർത്ഥം സർവാധാരമായിരിക്കുന്ന അർത്ഥം അതാണ് ഞുക്തി അവബോധം അതെന്താണ് മറ്റു അർത്ഥത്തിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ ജ്ഞാനത്തെക്കുറിച്ചും പരാതി പറയും ജ്ഞാനത്തെ സത്യം എന്ന് പറയാൻ വയ്യ എന്തുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു നശിക്കുന്നു ഇന്നലത്തെ ജ്ഞാനം ഇന്നത്തെ ജ്ഞാനം നാളത്തെ ജ്ഞാനം സ്വപ്നത്തിലെ ജ്ഞാനം ജാഗ്രതത്തിലെ ജ്ഞാനം എന്തായാലും ശരി ജാഗ്രതയുടെ ഞാനൊക്കെ സത്യമാണെന്ന് കരുതിയാലും സ്വപ്നം ഞാനും സത്യം ഇപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് അതെങ്ങനെ ജഡത്തിൽ നിന്ന് ഭിന്നമാകും മറ്റു ജഡങ്ങളെപ്പോലെ തന്നെ അത് എന്തുകൊണ്ട് ജഡമായിക്കൂട അതുകൊണ്ട് പറയുന്നു നിങ്ങളീ പരാതികളെല്ലാം ഏത് എവിടെയാണോ എന്നാ ഞാനോ അതാണ് ഞെപ്തി ഏതൊരവബോധത്തിലാണോ ഈ ഉത്പത്തിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സ്വീകരിക്കാനാണ് പറയുന്നത് നമ്മൾ പരാതി പറയുന്നുണ്ടല്ലോ ഞാനും ഉണ്ടാകുന്നു നശിക്കുന്നു ജ്ഞാനത്തിൽ സംശയം വരുന്നു ജ്ഞാനത്തിൽ അജ്ഞാനമുണ്ട് ജ്ഞാനത്തിൽ ഭ്രമമുണ്ട് എന്നെല്ലാം പറയും ഇതെത്രയോ കാലം കൊണ്ട് പറയും ഇത് എവിടെയാണ് ഇതെല്ലാം നടക്കുന്നത് ഈ സംശയവും വിവരവും ഭ്രമവും ഉത്പത്തിയും നാശവുമെല്ലാം ഇവിടെയാ ഇതൊരു ജ്ഞാനത്തിലാണല്ലോ ഒരു ജ്ഞാനത്തിൽ പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു ഒന്നിൽ പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് ആരോപിതമായി സത്യമായിരിക്കാൻ വേണ്ടിയില്ല അപ്പൊ സത്യമായ ഒന്നിൽ ആരോപിതമായ രൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്ന ആ ജ്ഞപ്തിയെ ആ അവബോധത്തെ ഇതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അതിനെ സ്വീകരിക്കുക അതാണ് ഇതിൽ നാനാതരത്തിലുള്ള അർത്ഥങ്ങൾക്ക് കാരണമായിരിക്കുന്ന ജ്ഞാന മൂലാർത്ഥം അതിലിത് സർവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജ്ഞപ്തിരവബോധോ ഭാവസാധന എന്ന് പറയുന്നു ഭാവം എന്ന് ധാത്തുവർത്ഥം ക്രിയ എന്നാണ് പക്ഷെ ഇവിടെ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ധാത്തുവർത്ഥത്തെ ക്രിയെ എന്ന് ശബ്ദവ്യവഹാരത്തിൽ പ്രയോഗിക്കുന്നതല്ല ഇവിടെ പറയുന്നു ഉപയോഗിക്കുന്നതിനുന്നു ഇവിടെ എന്താണ് ജ്ഞാനശബ്ദം ബ്രഹ്മവിശേഷണത്വ സത്യ അനന്താഭ്യാസ ഇവിടെ ജ്ഞാനശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് സത്യം അനന്തം എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങളോടൊപ്പം ബ്രഹ്മത്തിന്റെ വിശേഷണമായി ഉപയോഗിച്ചിരിക്കുകയാണ് അത് സാധാരണ നശിക്കുന്ന ജ്ഞാനമല്ല നശിക്കുന്ന ജ്ഞാനത്തിന്റെ ആധാരമാണ് എവിടെയാണോ ഈ നാശങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിന് അപ്പൊ ജ്ഞാനശബ്ദം എന്താണോ കേവലം ജഡത്തെ മാറ്റി നിർത്തുകയല്ല ജഡത്തി വേർതിരിച്ചതിന് ബ്രഹ്മത്തെ കാണിക്കാൻ മാത്രമല്ല മറിച്ച് ആ ജ്ഞാനശബ്ദവും ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നുണ്ട് അതിനൊരർത്ഥം എന്താണ് സർവാധാരമായിരിക്കുന്നു ഒരർത്ഥം സർവാധാരമായിരിക്കുന്നു ഒരു ജ്ഞാനം ഏതൊരു ജ്ഞാനത്തിലാണോ ഈ സർവതും നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ ബോധിപ്പിക്കുന്നു അപ്പൊ അതും ശൂന്യതയിലേക്ക് എത്തുന്നില്ല സത്യം എങ്ങനെയാണോ സത്താണ് പ്രത്യേക സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നത് അതുപോലെ ജ്ഞാനശബ്ദവും ആ ജ്ഞാനമാണ് സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നു അങ്ങനെ ബ്രഹ്മ എന്നുള്ള ശബ്ദത്തിൽ നിന്നും ബൃഹത്തായും മഹത്തായും അറിഞ്ഞതിനെ സത്യം ജ്ഞാനം എന്ന ശബ്ദങ്ങളെ കൊണ്ട് സത്തായും ജ്ഞാനമായും പ്രത്യേകമായി ഗ്രഹിക്കണം അതാണ് ലക്ഷണവാക്യത്തിന്റെ പ്രയോജനം ചർച്ച ചെയ്യുന്നത് ശിശം